അധ്യായം ഇരുപത്തിയെട്ട് ആയാണ്ടിൽ യഹൂദരാജാവായ സിദക്യാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ നാലാണ്ടിൽ അഞ്ചാം മാസത്തിൽ ഗിബയോന്യനായ അസൂരിന്റെ മകൻ ഹനന്യപ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിന്റെയും മുമ്പിൽ വച്ച് എന്നോട് പറഞ്ഞതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവിന്റെ മുഖം ഒടിച്ചുകളയുന്നു ബാബേൽ രാജാവായ നബൂഗതനേസർ ഈ സ്ഥലത്തുനിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയൊക്കെയും ഞാൻ രണ്ട് സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും യഹോയാക്കിമിന്റെ മകനായി യഹൂദ രാജാവായ യഹോന്യാവേയും ബാബേലിലേക്ക് പോയ സകല യഹൂദ ബദ്ധന്മാരെയും ഞാൻ ഈ മടക്കി മടക്കിവരുത്തും ഞാൻ ബാബേൽ രാജാവിന്റെ മുഖം ഒടിച്ചു കളയുമെന്ന് യഹോവയുടെ എപ്പോൾ ഇരമ്യ പ്രവാചകൻ പുരോഹിതന്മാരും യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനവും കേൾക്കെ ഹനന്യ പ്രവാചകനോട് പറഞ്ഞത് ആമേൻ യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകലബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ എങ്കിലും ഞാൻ നിന്നോടും സകല ജനത്തോടും പറയുന്ന ഈ വചനം കേട്ടുകൊള്ള എനിക്കും നിനക്കും മുമ്പ് പണ്ടയുണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവന്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവയച്ച പ്രവാചകനെന്ന് തെളിയുമെന്ന് ഇരമ്യാപ്രവാചകൻ പറഞ്ഞു അപ്പോൾ ഹനന്യപ്രവാചകൻ ഇരമ്യാപ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ആ നുഖമെടുത്ത് ഒടിച്ചുകളഞ്ഞിട്ട് സകല ജനവും കേൾക്കെ ഇങ്ങനെ ഞാൻ രണ്ട് സംവത്സരത്തിനകം ബാബിൽ രാജാവായ നെപുഗതനേസറിന്റെ നുഖം സകല ജാതികളുടെയും കഴുത്തിൽ നിന്നെടുത്ത് ഒടിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇരമ്യാപ്രവാചകനോ തന്റെ വഴിക്കുപോയി ഹനന്യാ പ്രവാചകൻ ഇരമ്യാപ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചുകളഞ്ഞ ശേഷം ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ ചെന്ന് ഹനന്യാവോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ മരം കൊണ്ടുള്ള നുഖം ഒടിച്ചുകളഞ്ഞു നീ ഇരുമ്പുകൊണ്ടുള്ളൊരു നുഖം ഉണ്ടാക്കിയിരിക്കുന്നു എങ്ങനെയെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ബാബേൽ രാജാവായ നെബൂഗദനേസിറിനെ സേവിക്കേണ്ടതിന് ഇരുമ്പുകൊണ്ടുള്ളൊരു നുഖം ഞാൻ ഇന്ന് സകല ജാതികളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു അവർ അവനെ സേവിക്കേണ്ടി വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു പിന്നെ ഇരമ്യാപ്രവാചകൻ ഹനന്യാപ്രവാചകനോട് ഹനന്യാവെ കേൾക്ക യഹോവ നിന്നെ അയച്ചിട്ടില്ല നീ ഈ ജനത്തെ ഫോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയും ഈ ആണ്ടിൽ നീ മരിക്കും നീ യഹോവയ്ക്കു വിരോധമായി മത്സരം സംസാരിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു അങ്ങനെ ഹനന്യാ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ ഏഴാം മാസത്തിൽ മരിച്ചു